എന്നാൽ അവർ മുഖം തിരിച്ചാൽ അവരെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയല്ല നാം നിന്നെ അയച്ചിട്ടുള്ളത് അറിയിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നിന്റെ ചുമതല തീർച്ചയായും മനുഷ്യന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാരുണ്യം രുചിപ്പിച്ചാൽ അവനതിൽ സന്തോഷിക്കുന്നു എന്നാൽ അവർ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ കാരണം അവർക്കൊരു വിപത്ത് ബാധിച്ചാൽ മനുഷ്യൻ തീർച്ചയായും നന്ദി